പിന്നീട് ആ ബീജത്തെ ഒരു രക്തപിണ്ഡമാക്കി രക്തപിണ്ടത്തെ ഒരു മാംസപിണ്ഡമാക്കി മാംസിണ്ടത്തെ അസ്ഥികളാക്കി പിന്നീട് അസ്ഥികൾക്ക് നാം മാംസം ധരിപ്പിച്ചു ശേഷം അതിനെ മറ്റൊരു സൃഷ്ടിയായി നാം രൂപപ്പെടുത്തി സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടിയായ അള്ളാഹു സുബാനഹൂവത്ത് ആല എത്രയോ പരിശുദ്ധൻ